സഭയിൽ പാർട്ടിയും അതിന്റെ അർത്ഥം പറഞ്ഞു പദ്ധ്യത്തിന്റെ അർത്ഥം അത് കഴിഞ്ഞ് സങ്കടാചാര്യം അതിൽ വരുന്ന പോരായ്മകളും എടുത്ത് പറഞ്ഞു ോട്ടങ്ങനെ പോകുന്നു എല്ലായിടത്തും ഇല്ല എല്ലായിടത്തും ഇതുപോലെ ശാങ്കരഭാഷയൊക്കെ വിമർശിക്കില്ല പ്രസംഗത്തിന് അർത്ഥം പറയുന്നേ ഉള്ളൂ തന്റേതായ അർത്ഥം പറയുന്നു അപ്പൊ ഈ ഒരു പൊതുവെല്ലാവരും സഞ്ചാര അർത്ഥമാണ് അവസാന അർത്ഥം എന്നാണ് വിളിച്ചിരിക്കുന്നത് രാമായും അതിൻ്റെ വിശേഷമായ അർത്ഥം പറയുന്നുണ്ട് അതൊക്കെ അറിയില്ല അത് ഒരിടത്തും വരുമെന്ന് അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ വരുന്നതിൽ ഭാഷ്യത്തെ വിമർശിക്കുക അദ്വൈതുക കുറെ മനസ്സിലാക്കി മനസ്സിലാക്കിയവർക്ക് ഭാഷ മനസ്സിലാവും അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് പാടുകയുണ്ട് ആ പറയുന്ന സങ്കട പക്ഷഭാഗമാണെന്നും പേരെടുത്ത് പറയുന്നു അതൊക്കെ മനസ്സിലെച്ചുകൊണ്ടും ദേശീയ ചെയ്യുന്നത് ശാന്ങ്കരഭാഷ്യവും ശാന്ങ്കരഭാഷയത്തിന് ശേഷമുള്ള ബാമതി പോലെയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ട് എങ്ങനെ ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശരി അത് കുറച്ചുകൂടി ഒരു വാദശേലിയിലാണ് അതിലെന്താണെങ്കിൽ സാമ്പ്രളായിട്ടു ും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസാരി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ എങ്ങനെയാണ് ദേശികാചാര്യ വിശദീകരിക്കുന്നത് കുറച്ചും കൂടെ ആഴത്തിൽ പോയിട്ട് വിമർശനമാണ് പക്ഷേ ശാങ്കര ഭാഷ ശരിയല്ല അതാണ് രണ്ടുപേരും ഇവിടെ സമർപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് ഭഗവാനുണ്ട് ഇവിടെ ഇപ്പം രാമായ ഈ പദ്യത്തിന്റെ കാര്യം പറയുന്നത് ഭേദം വ്യക്തമായി പറയുന്നു അഹം ഭയം സമീ ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നു ശങ്കരാരന്യങ്കിൽ ഭേദം അസത്യമാണ് ഭഗവാൻ അർജുനന് അസത്യത്തിൽ എന്നത് എത്രയുള്ളൂ ഭഗവാൻ ഉപദേശിക്കുന്നു ഭഗവാൻ സത്യം പറയുന്നവരെ തുടക്കത്തിൽ തന്നെ അസത്യം ഉപദേശിക്കും അതുകൊണ്ട് ഇത് അസത്യമാണെന്ന് ശങ്കരാജ്യം പറയുന്ന ശേഷം അതിന് പിന്നെ നണശൂരിയും പറയും അത്പ്രമാണുമായിട്ട് ഇത് പറയുന്ന കാര്യം ഏതെങ്കിലും ഒക്കെ പറയുന്നതാണ് നിത്യവും നിത്യാണ് ചെയ്യുക നിശ്വൃതി ഇവർ പറയുമ്പോൾ അവരവരുടെ സിദ്ധാന്തങ്ങൾ സമർപ്പിക്കുകയാണ് അനേതറ്റം വരെ വേണം ഇതൊരു തരം കുസ്തിയാണ് ഇതൊരാളിയെ മലയാളത്തിൽ കളിക്കുന്ന തരം പിടിയും ചിലപ്പോൾ ചിലപ്പോളൊക്കെ കാണിച്ചു ശ്രുതിലെങ്കിൽ തന്നെ അത്ഭവ ഭേദമൊക്കെ വരുത്തുന്നതിന് തയ്യാറാവും പ്രമാരാരന് പറയുന്നത് നിത്യോ അനിത്യാണ് രാമാനുജാൻ പറയുന്നത് നിത്യോ നിത്യാണ് വേദം പാഠം അനുസരിച്ചാണെങ്കിൽ രണ്ടും രണ്ടു തരത്തിലും പഠിക്കും അങ്ങനൊരു സൗകര്യമാണ് നമ്മുടെ അപഗ്രഹം വന്നു ചൊല്ലുമ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പൂർവ്വം വന്നു കഴിഞ്ഞാൽ നിത്യവും നിത്യം വേദന ചൊല്ലുന്നതായിരുന്നു ലേത് ശരിയത് ഇങ്ങനെ ഒരു പാഠമുണ്ട് ഇങ്ങനെ ഒരു പാഠമുണ്ട് നിത്യവും നിത്യമാണെന്ന് പറഞ്ഞാൽ ജീവന്മാരും നിത്യ നിത്യമാണ് ഈശ്വരനും നിത്യമാണ് രാമായ സ്വീകരിച്ചു അപ്പൊ പ്രമാണത്തെ അവരവരുടെ സിദ്ധാന്തത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കുക മാത്രമല്ല അവരവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ വേണ്ടി പ്രമാണത്തിലും ശരി കൈയടക്കുകൾ ഒരു നൃത്താന് സ്വന്തം സിദ്ധാന്തം ശങ്കരായാലാണെങ്കിലും ജീവത്വം അനിത്യമാണ് അതുകൊണ്ട് നിത്യോ അനിത്യമാണോ ബ്രഹ്മത്വമാണ് സത്യം ജീവത്വനിത്യമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ അപ്പൊ രണ്ടു തരത്തിലും ഇങ്ങനെയാണ് പാഠമെന്ന് പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്നത് മുഖ്യം സിദ്ധാന്തം അപ്പൊ ഇവിടെ പറയുന്നു ഭഗവാൻ അസത്യം പറയുന്നില്ല അതൊരു ഭേദം സത്യമാണ് സത്യമാണ് പ്ലീസ് അടുത്തു പറയുന്നതെന്നാണോ അടുത്തു പറയുന്നത് സംഗ്രഹത്തിൽ പറയുന്ന പോലെ അജ്ഞാനം കൊണ്ടുവരുന്ന ഭേദം എന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ അജ്ഞാനത്തിൽ ഭഗവാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കും അപ്പോ അജ്ഞാനം കൊണ്ടുവരുന്ന ഭേദത്തെ അതിന്റെ ഭഗവാൻ എങ്ങനെ ഉപദേശിക്കും അജ്ഞാനം അജ്ഞാനം കൊണ്ടുവരുന്ന ഭേദത്തെങ്ങനെ ഉപദേശിക്കുന്നതാണ് അതിന്റെ ലക്ഷ്യമില്ല അടുത്ത് രാമായ അഥവാ പരമപുരുഷന് അധികജ്ഞാന ബാധിതാനുമതിരൂപമിതം ഭേദജ്ഞാനം ദഗ്ധപടാധിപത് എന്ന ബന്ധകം ചില പറയുന്നു അത്വജ്ഞായി ഈ പ്രപഞ്ചത്തെ കാണുന്ന എങ്ങനെയാണ് ദഗ്ധപടവത് കാറ്റില്ലാത്ത സ്ഥലത്ത് തീ പിടിച്ച ഒരു തുണി അത് തുണി പോലെ നാളും ചാമ്പൽ തുണി പോലെ തന്നെ പക്ഷെ നമുക്കത് തുടുക്കാൻ പറ്റില്ല അതുകൊണ്ടൊരു വ്യവഹാരമൊന്നും നടക്കത്തില്ല അതുപോലെ തത്വജ്ഞാനിയെ സംബന്ധിച്ച് പ്രപഞ്ചം ബാധിച്ചു അസത്യം വന്ന് ബോധിച്ചു എന്നോ ഇങ്ങനെ ദഹിച്ച വസ്ത്രമോ ഏതെങ്കിലും കാണുക അത്രയേ ഉള്ളൂ അതുകൊണ്ടെന്താണ് ജ്ഞാനിയാണ് ഇതൊന്നും ഭഗവാനെ ബന്ധിക്കുന്നില്ല തത്വജ്ഞാനിയും ബന്ധിക്കുന്നില്ല ഇതും ശരിയില്ല എന്തുകൊണ്ട് ശരിയില്ല മരീക ജലജ്ഞാനകാരി ബാധിതമനുവർത്തമാനം എന്ന ജലാഹരണാധിപ്രവൃത്തിയിൽ പറയുന്നു ഈ പറയുന്ന ഒരു വലിയ പൊട്ടത്തലമാണ് ഈ ബാധിത അനുവർത്തി ഒരാൾക്ക് മലുമരീതിക പ്രമാനുചാര്യം പറയുന്നു മലുമരീതികളിലും അയാൾക്ക് ബോധ്യം ഒന്നെന്താണോ ഇത് അസത്യമാണ് വെള്ളമൊന്നുമില്ല അസസ്ത്യെന്ന് മനസ്സിലായി പിന്നെ ഇങ്ങനെ അവിടെ വ്യവഹാരം നടക്കും ഗുരു ശിഷ്യെന്ന് ഉപദേശിക്കുക എന്നുള്ളത് ഒരു വ്യവഹാരമാണ് അല്ലെ ജലം അസസ്ത്യമാണ് അവിടെ ജലമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് കുടിക്കാൻ പോകും ആ ജലത്തെ സംബന്ധിച്ച വ്യവഹാരമാണ് നടക്കുന്നത് അതുപോലെ ഇതെല്ലാം അസ്വസ്ഥ്യമാണെന്ന് ബോധിക്കുന്ന ഒരാള് ഇതെങ്ങനെ ശിക്ഷ അവിടെ വ്യവഹാരത്തിൽ ആ പ്രപഞ്ചത്തെ സംബന്ധിച്ചൊരു വ്യവഹാരമില്ല ഇത് അത് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൂടെ പ്രദേശിക ആചാര്യം അതിനെ വിശദീകരിക്കും ഒരു സാമ്പ്രദായിക്കാണെങ്കിൽ ഞാനങ്ങ് കുറച്ച് വായിക്കും പറഞ്ഞ കാര്യം അജ്ഞാനം അവിദ്യ ലേഖനത്തിൽ പറയുന്നു തക്കാലം ഭേദഭ്രമുണ്ട് മുപ്പക്കെയാണ് അത് ഒന്നാമത്തെ പാരഗ്രാഫിൽ ആറാമത്തെ വരിയിൽ പറയുന്നുണ്ട് അജ്ഞാനം അവിദ്യ തൽക്കാര്യം ഭേദബ്ദമാണ് ആദിസന്ധേന അനുഷ്ഠാപനാദി അനുഷ്ഠാനവും മറ്റുള്ള വ്യവഹാരങ്ങളല്ല ഉപദേശാദി വ്യവഹാരമില്ല ഗുരു ശിഷ്യനുപദേശം അതാണ് ഒരു വ്യവഹാരം വേറെ പ്രവൃത്തി അതെങ്ങനെയായിരിക്കും ശിഷ്യ ആചാരി പ്രയോജന ഭേദാരി നാനാമിക ഭേദ ദർശനം ഒരു ഗുരു ശിഷ്യന് ഉപദേശിക്കുക എന്ന് വെച്ചാൽ ഭേദദർശനത്തിനെ അനുഷ്ഠാനമാക്കി ഉപദേശിക്കും എന്തത് ഉപദേശ്യമായ അർത്ഥം അതിന്റെ വാചകമായ ശബ്ദം വാചകം എന്ന് പറഞ്ഞ വാക്യം എന്നുള്ള അർത്ഥത്തിലാണ് അധികാരി ഇതൊക്കെ ഭേദമാണ് പ്രസവം ഭിന്നമാണ് അർത്ഥവും വാചകവും ഏറെ അധികാരി ശേഷിക്കുക പിന്നെ ആചാര്യം പിന്നെ എന്റെ പ്രയോജനം ഭേദാവി നാനാവിധ ഭേദ ദർശനം ഇതെന്തൊക്കെ പ്രയോജനം ഇതെല്ലാം ഭിന്നങ്ങളുണ്ട് ഇതെല്ലാം പരസ്പര ഭിന്നങ്ങളാണ് ഈ പറയുന്നത് ഉദ്ദേശിക്കുന്ന വിഷയം വേരായിട്ടും അതിന്റെ വാക്യം വേറെ ആചാര്യന്മാരായിട്ട് ശിഷ്യന്മാരായിട്ട് പലരും പ്രയോജനങ്ങളാണ് അപ്പം ഉപദേശിക്കുക എന്ന് വെച്ചാൽ അവിടെ ഭേദമുണ്ടാവും ഭേദത്തെ ആശ്രയിച്ച ി തൊന്മതം ഞാനം എങ്ങനെയുണ്ടാകും അജ്ഞാനം കൊണ്ടാണ് ദേദജ്ഞാനം ഉണ്ടാവുന്നത് തതശ്ച അജ്ഞാന തൽക്കാര്യത്തോ കഥം തത്കാര്യ അനുകൂലത്തിരി വ്യാപാര അപസിദ്ധാന്ത ശാസ്ത്ര അനാരംഭ ഉപദേശഭാവ ദുഷ്ഫല പരിശ്രമ ശ്രുതി വിരോധാധി ദോഷ ശതം ഉന്മിഷ് ഒരാൾക്കും തത്വ ജ്ഞാനവും പറയും തത്വം അതുകൊണ്ടായിരുന്നു ഞാൻ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനകാര്യമായ ഭ്രാന്തി നശിക്കുന്നു ഭേദജ്ഞാനം നശിക്കുന്നു ഇതെല്ലാം ദശിക്കഴിഞ്ഞാൽ കാരണം ഭേദ ദർശനത്തിൽ അജ്ഞാനം രൂപപ്പെട്ടവർക്ക് തോന്നുന്നുണ്ട് ഭേദജ്ഞാനം അജ്ഞാനം കൊണ്ടാവും ഉണ്ടാവും അത് വിധകളൊക്കെ എന്ത് ശരിക്കും കേട്ട് മനസ്സിലാകണം എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആചാര്യൻ പറയുന്നത് വിമർശിക്കുന്നത് അജ്ഞാന കാര്യങ്ങൾ കൊടുക്കും അജ്ഞാനം പോയി അതിൻ്റെ കാര്യമായ ഭേദഭ്രമം തുടങ്ങിയ കാര്യങ്ങളും എല്ലാം പോയി കഴിഞ്ഞാണ് കഥം തത് കാര്യപ്പെരാനും അനുഭവിക്കുക അതിൻ്റെ കാര്യം വീണ്ടും അനുവർത്തിക്കുക തുടർന്നു അതങ്ങനെ സംഭവിക്കും അന്ന് വർത്തിച്ചല്ലേ അതെല്ലാം എന്തൊക്കെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ വ്യാഘാതം എനിക്ക് നാക്കില്ല എന്ന് പറയുന്നതാണ് വ്യാഘാതം ഒരടുത്ത് പറയുന്നത് എന്താണ് അജ്ഞാനവും അതിന്റെ കാര്യങ്ങളും എല്ലാം നിവർത്തിച്ചു പിന്നെ പറയുന്നത് എന്താണ് ബാധ്യത അനുവർത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ശാസ്ത്ര അനാരം ഇങ്ങനെ ഒരു ശാസ്ത്രം അദ്വൈതമെന്ന് പറയുന്ന ശാസ്ത്രം ആരംഭം യന്ത്രം അതിന്റെ പ്രയത്നം അതിന്റെ പിന്നെ ഉപദേശ ഭാവം എങ്ങനെ ഉപദേശിക്കുന്നെങ്ങനെ അതിന്റെ എന്തുകൊണ്ട് ഉപദേശിക്കാൻ പറ്റില്ല അതെനിങ്ങോട്ട് ഉപസരിക്കും അദ്ദേഹം ഒരാൾക്ക് ഒരിക്കലും ഉപദേശിക്കാൻ പറ്റില്ല നിഷ്പല പരിശ്രമം വെറുതെ ഗുരുവും ശിഷ്യനും എന്തു ചെയ്യുന്നു പരിശ്രമിക്കുന്നു ഇത്രയോളം പ്രജ്ഞാനം മാറി ബ്രഹ്മവും മാറി വീണ്ടും ഗുരുവരുന്ന് ഉപദേശിക്കുന്നു ആര് എന്തിനും എന്ത് സാധിക്കും ശുദ്ധിവിരോധം പിന്നെ ശുദ്ധീത വിരോധമാണ് ദോഷശതം ഇവിടെ പുറത്തേ പറഞ്ഞോളൂ നൂറുകണക്കിന് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതി എന്താ പറയുന്നത് അതടുത്ത് ദേശീയ പറയുകയാണ് അദ്വൈതജ്ഞാനാത് അജ്ഞാന നിഹർത്തവും അഭി വാസനാധിവശ ഭേദഭ്രമസ് അനുവത്തി അബന്ധ പറയുന്നു അജ്ഞാനം അദ്വൈതജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം പക്ഷേ എന്ത് ചെയ്യുന്നു വാസനാകതി മിശ്രം പറ്റും പറയുന്നത് എന്താണോ അവിദ്യ സജീവ പ്രിയ ദലിതാദിതവനയ അവിദ്യ രണ്ടാണ് ഒന്ന് മൂലാവിദ്യ പിന്നെ പൂർവ്വപോക സംസ്കാരം ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഭ്രമം നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നു പൂർവ്വജന്മത്തിലെ സംസ്കാരം ഉണ്ടാകുന്നു കാരണം സംസ്കാരത്തെ സ്വീകരിച്ച് പറ്റുമെന്ന് ഒരാൾക്ക് സർപ്പഭ്രമുണ്ടാവണമെങ്കിൽ മുമ്പ് അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ സർപ്പ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ സംസ്കാരം ഉള്ളതുകൊണ്ടാണെന്നുണ്ടാകുന്നു സർപ്പഭ്രമോ അതിനൂടെ വാസന എന്ന് പറയുന്നു ആ സംസ്കാരം അപ്പോ വാസനയുണ്ട് അവിദ്യം നശിച്ചു പക്ഷെ വാസന എന്ത് ചെയ്യുന്നു തത്വം ഞാനിക്കും തുടരുന്നു ഇതിനും ഭാഷകാലം പറഞ്ഞാൽ പ്രാരബ്ധ സംസ്കാരം അങ്ങനെ വാസന ഭേദഭ്രമസി അനുവർത്തി വീണ്ടും അത് അനുവർത്തിക്കുന്നു പ്രത്യേകം അങ്ങനെയാണോ പറയുന്നു വീണ്ടും ഇതെല്ലാം പഴയതുപോലെ തന്നെ അനുഭവപ്പെടുന്നു തസ്യ അബന്ധകത്വം ധർമ്മം മാറിയത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഇത് അനുവർത്തിച്ചാലും അത് ബന്ധിക്കത്തില്ല ആശങ്കരെ അത അതിനാണെ രക്തപ്പെടാതി പടാധികാരിക കരത്വം എന്ന് പറയുന്നത് അത് ദഹിച്ചു കഴിഞ്ഞു അത് പടാതിപ്രതിഭാസ് അതൊരു പ്രതീതിയാണ് ആ ചാമ്പനെ കാറ്റടിച്ച് പറന്നുപോയില്ലെങ്കിൽ ഒരു വസ്ത്രം പോലെ തന്നെ കിടക്കും അതൊരു അനുഭവമാണ് അതുപോലെ എന്തു അദ്വൈത ജ്ഞാനിക പ്രപഞ്ചം ഒരു എന്താ പറയുക ജ്ഞാനികൾ ഒരനുഭവം സിനിമയൊക്കെ കാണുന്നതുപോലെ അത് ചെയ്യുന്നു അത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിൽ ഒരു പ്രതിയായിട്ട് ഇത് അസത്യം എന്നറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് എന്തോരുന്നില്ല പടാധികാരികൾ വസ്ത്രത്തിൽ പ്രപഞ്ചം വ്യവഹാരമൊന്നും ഞാനേ സംബന്ധിച്ച് നടക്കത്തില്ല എന്തുകൊണ്ടിരിക്കുന്നത് ദഹിച്ച വസ്ത്രം ഗണദ്വീതി പറയും ഭേദഭ്ര അനുവർത്ത സംസാരിച്ചും അതുകൊണ്ട് ഭേദഭ്രമ അനുവർത്തിച്ചാൽ എങ്ങനെയാണോ ദഹിച്ച വസ്ത്രത്തെ കൊടുക്കാൻ പറ്റാത്തത് അതുപോലെ ഇതൊരിക്കലും സംസാരത്തിന് ഹേദവും അല്ല ഗദ്വീതം അഭിപ്രായ വ്യത്യാസമുണ്ടാവും ഇത് ആർക്കെങ്കിലും വേദാന്ത ദേശികർക്ക് അറിയാമോ അദ്വൈതം അനുപത്തിസുദാഹരണമാകാം മരീഷ ഈ പറഞ്ഞതിനൊക്കെ യുക്തിഭംഗങ്ങളുണ്ട് ഇങ്ങനെ പറയുമ്പോ അദ്വൈതികളിൽ നിന്ന് പറയുമ്പോൾ ശേഷ്യന്മാരിൽ നിന്ന് എന്തെയും കഥ വരും ഗുരുജി പറഞ്ഞാണ് ശരി അതാണ് ഉദാഹരണം പറഞ്ഞത് മരിയുക ഞാൻ വായിച്ച മരിയുകൊണ്ട് വായിച്ചു ഇതാ മാത്ര പ്രശ്നം ഇവിടെ ചിന്തിക്കേണ്ട വിഷയാണ് വിപ്രതിബന്നം ഭേദജ്ഞാനം അദ്വൈതജ്ഞാന ബാധിതയാഥാർത്ഥമിരി നിശ്ചിതന്ത് ഈ ഭേദജ്ഞാനം എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ ഈ പ്രപഞ്ചാനുഭവം അദ്വൈതജ്ഞാന ബാധ്യതയാണ് അദ്വൈതജ്ഞാനം കൊണ്ട് ബാധിച്ച എന്താണ് മിഥ്യാത്ഥം ഇത് മിഥ്യയാണ് മിഥ്യയായ വസ്തു ഇതെല്ലാം എന്താണ് കേവലം മിഥ്യയാണ് എന്നാണെങ്കിൽ എന്ന സ്വവിഷയ അനുരൂപ പ്രവൃത്തി ഹേതുവസ്യ എന്നാൽ ഈ വിഷയങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികളൊന്നും കൂടെ സംഭവിക്കില്ല വിഷയങ്ങൾ എന്തായി മിഥ്യാവസ്തുക്കളായി വിഷയങ്ങൾക്കനുസരിച്ച് വസ്തു ആ വസ്തുക്കൾക്കനുസരിച്ചൊരു പ്രവൃത്തി നടക്കില്ല നിങ്ങൾ പറഞ്ഞ ഉദാഹരണമനുസരിച്ച് ഏതാണ് ദഗ്ധപടൻ ന്യായം പിന്നെ വസ്ത്രം എടുത്ത് കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അതാണല്ലോ ഉദാഹരണം പറഞ്ഞില്ല അതിനനുസരിച്ച് പറയാം ഒരു പണിയും കൂടെ അളക്ക അതിന്റെ വിശദീകരിക്കും യഥാ ബാധിത അനുമത്വം മരീചികാചര ഞാനും ഉദാഹരണം വരും മരീചികളോ നിങ്ങൾ എപ്പോഴും അടുത്ത് പ്രയോഗിക്കുന്നു അസത്യം ഒന്ന് ബോധിച്ചു കഴിഞ്ഞ ഒരാൾ എന്തെങ്കിലും പ്രവർത്തിക്കുക അവിടെ തയ്യാറാവും തയ്യാറത്തിനായിട്ട് പിന്നെ ഇത് അസത്യം ഒന്ന് കണ്ടുകൊണ്ട് ഈ ലോകത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന അദ്വൈതികൾ പറയുന്ന എന്തെങ്കിലും കഴപ്പുണ്ടോ ഉണ്ടോ ഏ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏരി വ്യാവഹാരിക സത്യം എന്നാ പറയുന്നത് ശരി വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് സത്യമാണോ മിഥ്യാണോ അതെന്താ വ്യവഹാര സത്യം അത് സത്യമാണോ മിഥ്യാണോ അത് മിഥ്യയാണോ അപ്പൊ വ്യാപാര സത്യം ഇല്ല വ്യാപാരി സത്യം മിഥ്യ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ സത്യം എന്ന് പറയുന്നത് വ്യാപാരി സത്യം എന്താണ് അത് വ്യവഹാരി സത്യമാണെന്ന് പറഞ്ഞാൽ എന്താണ് പശു എന്താണെന്ന് അത് പശുവാണെന്ന് പറഞ്ഞാൽ മതിയാ എന്താണെന്ന് വിശദീകരിക്കില്ലേ സത്യമാണോ മിഥ്യാണോന്നു പറയണ്ടേ വ്യാപാര സത്യം നിങ്ങള് സത്യം എന്നാണ് പറയണേ നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് സത്യം ഒന്നെന്താണോ പാരമാർമ്മിക സത്യവും അദ്വൈതം പോയി അദ്വൈതത്തിൽ ഒരു സത്യമേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ട് സത്യമാണ് ഇതാണോ നിങ്ങൾ പറയുന്ന അദ്വൈതം അതൊന്നും അതൊന്നും ഇവിടെ പറയണ്ട അദ്ധ്വൈതികളുടെ നമ്മളെ പോയിരുന്നു പറഞ്ഞു മനസിലായി വ്യാപാരി വ്യാപാര സത്യം മിഥ്യയാണെങ്കിൽ വ്യാപാര സത്യം ഇല്ല എല്ലാ പറയുന്നത് അത് സത്യമാണെങ്കിൽ രണ്ട് സത്യവും ഏതൊക്കെയാ പാരമാർത്ഥിക സത്യവും രണ്ട് സത്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിനൊരു പിന്നെ എന്താണ് ഇനി ഇവിടെ ഇവിടെ എന്താണ് വേദാന്ത ദേശീയങ്ങളുടെ അദ്ദേഹത്തെ അശക്തി അറിയുന്നു സമാധാനപ്പെടില്ല ാധിത അനുവേദാനം ദഗ്ധപടാതിവ സ്വകാര്യകരമില്ലേ ബാധിത അനുവദത്തി അദ്വൈതികൾ എന്താണോ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചെന്താണ് ഇതൊക്കെ ബാധിത അനുവൃത്തിയാണ് ദഗ്ധപടം പോലെയാണ് മനോമരീതിയാണ് എന്നും പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് വീണ്ടും വ്യവഹാരം നടക്കണം അദ്വൈതിക്ക് വീണ്ടും എന്ത് ചെയ്യണം ഇതൊക്കെ പറഞ്ഞിട്ട് ചാപ്പാട് അടിക്കണം അത് നടക്കത്തില്ല അതുപോലെ ബാധ്യത അനുകൂല ഭേദജ്ഞാനം ബാധ്യത അനുകൂലമായ ഭേദജ്ഞാനം വീണ്ടും ഭേദജ്ഞാനം ഉണ്ടല്ലോ ബാധ്യത അനുകൂലമൊന്നേ ഉള്ളൂ അദ്വൈതീ ബാധിക്കുന്നുണ്ടെന്നാണ് പറയും എന്നാലും ഞങ്ങൾ തെണ്ടിങ് കുടിക്കുകയൊക്കെ ചെയ്യും ഇത് രക്ഷപ്പെടാതികരമാണ് അങ്ങനെയാണോ രക്ഷപ്പെടം പോലെ അത് സ്വകാര്യം എന്ന് വെച്ചാൽ എന്താണ് വസ്ത്രത്തിന്റെ കാര്യം എന്താണ് കൊടുക്കുക എടുത്ത് അതും ചെയ്യാൻ പറ്റാത്ത പറ്റില്ല ബാധിതാനുവൂർത്തി ഫലം എന്താണ് ബാധിതാനുവൂർത്തി കൊണ്ട് ഒരു ഫലമില്ല നിങ്ങൾ ബാധിതാനുവൂർത്തി സ്വീകരിപ്പിക്കുന്ന എന്താ ഫലം ഒരു വ്യവഹാരവും ചെയ്യാൻ പറ്റില്ല സോ ഇഷ്ടവ്യാപ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വിരുദ്ധമാവും ബാധ്യത അനുമത്യ സ്വീകരിച്ചു നിങ്ങൾ അദ്വീതികൾക്ക് എന്താ വേണ്ടത് തത്വം ഞാൻ ഉണ്ടായതിനു നടക്കണം ബാധ്യത അനുമതി സ്വീകരിച്ചാൽ തെയും അത് വരുമ്പരീത എല്ലാ വ്യവഹാരത്തെയും ബാധിക്കും പിന്നെ ഇത് ചെലവ് നടത്താണ്ട് അന്ധഗതിക്ക് കഴിയാത്തത് അതിനെ പറയും അന്ധഗതി പട്ടിണി കടന്ന ചത്വവും അതാണ് അദ്വൈതം പറഞ്ഞുകൊണ്ടിരുന്ന വരുന്ന കുഴപ്പം ശ്രുതമാത്രം പക്ഷേ ഈ നിർവിശേഷ വിഷയ സാക്ഷാത്കാര ശ്രമയോർ വിഷയാന യ അനതിരേഖേണ അജ്ഞാനന്ദമൂർത്തിരൂപനീരികൾക്കുവാ സഹലീശ്വരെ ബാധ്യത അനുവദി സ്വരൂപം ദൂഷയി അപ്പോ ഇത് ഭാഷ്യത്തിന്റെ വരാൻ പോലുള്ള ഭാഗം അപ്പോ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു കാണുന്നത് വ്യവഹാരം വ്യവഹാരം നടക്കുന്നത് ബാധിത അനുഗ്രഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യവഹാരം നടക്കുന്നത് തത്വം ഞാൻ വിവരിക്കാൻ പറ്റത്തില്ല ഇനി വേറൊരു ദോഷം കിട്ടും അവിടെ ഇനി ഭക്ഷ്യം ഏകം അത്ര അദ്വൈതജ്ഞാനേന ബാധിതം ഭേദജ്ഞാനം അനുവർത്തമാനമതിഷയത്വനിച്ഛയാ ഉപദേശാതി പ്രവൃത്തിഹേതു വിശരി അത്ര അദ്വൈതജ്ഞാന ബാധിതം വേദജ്ഞാനം അദ്വൈതജ്ഞാനം കൊണ്ട് ബാധിതമായ വേദജ്ഞാനം അനുവർത്തിക്കുന്നു എന്ന് സ്വീകരിച്ചാൽ അനുവർത്തമാനമ അദ്വീതവിജ്ഞാനം കൊണ്ട് ബാധിതമായ ദ്വീപജ്ഞാനം അനുവർത്തിക്കുന്നു എന്നുള്ളത് മിഥ്യാർത്ഥ വിഷയത്ത് നിശ്ചയ തത്വജ്ഞാനിക്കെന്താണത് മിഥ്യാർത്ഥമാണെന്നുള്ള നിശ്ചയമുണ്ട് ഇതൊക്കെ മിഥ്യാർത്ഥമാണ് എന്നുവെച്ചാൽ ദഗ്ധപടം പോലെയും മനോമരീചിക പോലെയാണെന്ന നിശ്ചയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉപദേശാദി പ്രവൃത്തി കേൾക്കും പിന്നെ ഉപദേശാദി പ്രവർത്തികളിൽ സാധ്യമാണില്ല എന്ന് വെച്ച വ്യവഹാരവും ബാധിച്ചു ഒരു പ്രവൃത്തിയും നടക്കത്തില്ല ഇത് ഇതിനെ കുറിച്ചുള്ള ചർച്ച ഇനിയും അത് മാത്രമല്ല ഇനി മറ്റൊരു പ്രശ്നം ഇവിടെ ആരാണ് ഈശ്വരനാണ് ഉപദേശിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒന്ന് കുരുവല്ല അവിടെയും പ്രശ്നമുണ്ട് ഞാൻ സാർ ഈശ്വരസ് പൂർവജ്ഞസ് ശാസ്ത്ര അധിക തത്വജ്ഞാനതയ ബാധിതാനുപത്തി സത്യദേവ് ഈശ്വരൻ ബാധിതാനുമൃത്തി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരന് ജ്ഞാനം ഉണ്ടാവും ഈശ്വരൻ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം ഈശ്വരൻ അഗ്നായിരിക്കും ഈശ്വരന് അജ്ഞാനം ഉണ്ടായിരിക്കും ഈശ്വരന് അജ്ഞാനം ഉണ്ടായിട്ട് ഞാനുണ്ടാകുമെന്ന് എന്ത് വേണം ഈശ്വരന് ഞാനെ ഉപദേശിക്കാൻ വേണ്ടി ശ്രുതി ഒരു ഗുരു ഉപദേശം കൊടുക്കും നിന്ന് ഈശ്വരൻ ഉപദേശം കേൾക്കണം ഞാനോ ഉണ്ടാകുന്നു അജ്ഞാനം പിന്നെ പിന്നെ ബാല്യദാനമുക്കി പിന്നെ ഈശ്വരൻ അർജുനൻ്റെ ഉപദേശിച്ചു ഇതെല്ലാം കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് കാരണം ഈശ്വരനാണ് ശ്രുതിയെ ഉപദേശിച്ചത് അങ്ങനെയുള്ള ഈശ്വരന് വേറെ ആരോ വന്നിട്ട് എന്താണ് ഒരു ശ്രുതി ഉപദേശിക്കണമെങ്കിൽ ആ ഉപദേശിക്കുന്ന ആൾ മറ്റൊരു ഈശ്വരനായിരിക്കുക ഈശ്വരന് ഡബിൾ റോളാവും ഈശ്വരൻ ഉപദേശിച്ച ശ്രുതി കേൾക്കുന്ന ഒരു ഈശ്വരൻ ഇതൊക്കെ യഥാർത്ഥ ദേശീയർ പറയും അത് ഞാൻ വായിക്കുന്നോട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഉപദേശിക്കുന്നവർ ഈശ്വരൻ കേൾക്കുന്നവർ ഈശ്വരൻ പിന്നെ ആ ഈശ്വരൻ പറഞ്ഞ ഒരു ആ ശ്രുതി ഈശ്വരൻ പറയുന്നു അപ്പൊ ആ ഈശ്വരന് ഞാനെവിടുന്ന് ഉണ്ടായി അവിടെ വേറൊരു ശ്രുതി അതും വേറെ ഈശ്വരൻ കൊണ്ട് ഉപദേശിച്ചു ഇവിടെ പോകും അനവസ്ഥ ദോഷം പോകും ഇതെല്ലാം കൊല്ലപ്പാണ് അതുകൊണ്ട് ഈശ്വരന്റെ തത്വജ്ഞാനം ഉണ്ടായി അജ്ഞാനം നശിച്ചു ബാധിത അനോത്തിയൊന്നും ഈശ്വരന്റെ കാര്യത്തിൽ പറ്റില്ല അതാണ് ഇവിടെ പറയുന്നത് ഈശ്വരസ്യ പൂർവജ്ഞ അസിയാണ് ജ്ഞാനം ഉണ്ടാകുന്നതിന് അജ്ഞനായിരുന്നു ശാസ്ത്ര അധിക ശാസ്ത്രത്തിലൂടെ ഉപനിഷത്തിലൂടെ അധിക തത്വജ്ഞാനതയാൽ ഗീതയിലൂടെ അതിൽ ഉപനിഷത്താണ തത്വജ്ഞാനങ്ങൾക്കുണ്ടായി ബാധ്യത അനുഭവം അതുകൊണ്ട് ഇപ്പൊ ബാധ്യത അനുഭവിയാണ് ഇതും തത്വം നശക്തിരിന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സർവജ്ഞ സർവവിജ്ഞ സർവജ്ഞനാണ് സർവവിജ്ഞൻ സർവവിത് എന്നുള്ളത് അതിൽ ആ പാലക്കാർക്ക് അവസാനം പറയുന്നത് സ്വരൂപത വിവക്ഷയ സർവജ്ഞം സർവ്ദയോ പുനരുദ്ധി സർവജ്ഞം സ്വരൂപേണ അറിയുന്ന ഒരു വസ്തുവിന്റെ പിന്നെ പ്രകാരതയാൽ വിശേഷ ഗുണങ്ങളോടുകൂടി അറിയും എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യൻ ഞാനിപ്പോൾ എഴുന്ന മൊബൈൽ എന്നറിഞ്ഞു പക്ഷെ എനിക്കിത് ഇങ്ങനെ സ്വരൂപമായിട്ട് മൊബൈലെന്ന് മാത്രമേ അറിയാൻ പറ്റൂ ഇതിന്റെ വിശേഷം ഇതിന്റെ കെമിസ്ട്രി എന്താണ് ഇതിന്റെ ഫിസിക്സ് എന്താണ് ഇതിന്റെ ഇലക്ട്രോണിക്സ് എന്താണ് ഇതിന്റെ കമ്പ്യൂട്ടർ സയൻസ് എന്താണ് ഇതിന്റെ മാത്തമെറ്റിക്സ് എന്താ ഒന്നും എനിക്കറിയാൻ പറ്റില്ല എനിക്ക് വിശേഷിക്കാനില്ല സർവജ്ഞൻ സർവജിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്സിന്റെ രണ്ട് ഗരിക്കുന്നതി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സർവം ഇരിക്കുന്നതി പ്രാപ്തമാർ എല്ലാത്തിനെയും പ്രാപിക്കുന്നവൻ എല്ലാം തനിക്ക് അധീനമായിരിക്കുന്നവൻ അതാണ് ഈശ്വരൻ അതുകൊണ്ടാണ് ശുദ്ധി പറഞ്ഞ സവൈജ്ഞ സ്രവീസുകൾ വിദേശ സ്വാഭാവിക ശക്തി വിധി പല പ്രകാരത്തിനോ സ്വാഭാവികമാവും ഈശ്വരന് അനാദിയാണ് ഈശ്വര് അനാദി സ്വാഭാവിക അനാദിയായിരുന്നു അശക്തിയാണ് അതിന് വേദാഹം സമതീതായി രാജുനം ഭവിഷ്യാണ് ഭൂതാനി മാം തെരുവേദി നല്ല കസ്റ്റ അഹം സമതീതാനി വർത്തമാനായി വേദാ അർജുന ഞാൻ കഴിഞ്ഞു പോയതും ഇപ്പോ ഉള്ളതും ഭവിഷ്യാണ് ഭാവി ഭൂതാലി സർവത്തിനെയും അതിലും മാമ്പതി എല്ലാവരും അറിയാം ഇങ്ങനെയൊക്കെ പറയുന്ന ഈശ്വരൻ എന്നാണ് അഞ്ജാനിയായിരുന്നത് പിന്നെ അഞ്ജാനിയായിരുന്നെങ്കിൽ സമതീതായി കഴിഞ്ഞതല്ല ഞാൻ എന്നിങ്ങനെ പറയാൻ പറ്റും ഈശ്വരൻ ജ്ഞാനിയായി എന്നൊന്നും പറയുന്നൊരാർത്ഥമല്ല ഈശ്വരൻ എന്താണോ താർക്കികന്മാർ പറയുന്ന പോലെ നിത്യജ്ഞാനമാൻ ഈശ്വര ഈശ്വരനെ അങ്ങനെ ബാധ്യത അനുഭവത്തി ഈ അദ്വൈത ഗുരുക്കന്മാർന്നൊക്കെ ഉണ്ടാവും നന്ദി അതുകൊണ്ട് അതൊക്കെ ശരിയല്ല ഈ പറയും കിഞ്ച പരമപുരുഷന ഗുരു പരമ്പരാജ അദ്വതീയാത്മസ്വരൂപ നിശ്ചയ അനുവർത്തമാനെയും വേദജ്ഞാനും ശ്ചയാനും അദ്വൈതമാത്മജ്ഞാനം ഇവിടെ ഒരു എന്താണ് ഒരു കനത്ത ചോദ്യം ചോദ്യം അദ്വൈതികൾ വെള്ളം കുടിക്കുന്ന ഒരു ചോദ്യമാണ് അദ്വൈതികൾ വെള്ളം കുടിപ്പിക്കുന്ന എന്താണ് പരമപുരുഷനും ഇതാനീന്ദനം ഒരു പരമ്പര എന്നുള്ള ഒരു പരമ്പരയും ഒരു പരമ്പര എന്ന് പറയുന്നവരാണോ ഈ ശങ്കരാചാര്യന്മാർ അവരാണല്ലോ അദ്വൈതം പ്രചരിപ്പിക്കുന്നത് അവരെ മനസ്സിൽ കണ്ടുകൊണ്ടായി പറയുന്നു അദ്വിതീയാ സ്വരൂപം വന്നിച്ച് ശി അവർക്കെല്ലാം എന്ത് ചെയ്തു ആത്മസ്വരൂപം നിശ്ചയം ഉണ്ടെങ്കിൽ അവളുടെ അവകാശം ഞാൻ നിങ്ങളുടെ ആത്മസ്വരൂപം നിശ്ചയം ഒരു സംശയം അജ്ഞാന സംശയ ഇതിനും ഒന്നുമില്ലാതെ ആത്മസ്വരൂപം നിശ്ചയം ഉണ്ടെന്നാണ് ഇവരുടെ അവകാശം അനുവർത്തമായ ഭേദജ്ഞാനി ഭേദജ്ഞാനൊന്നും നമുക്ക് പറഞ്ഞതല്ല സ്വനിശ്ചയായിരുന്നു അധനീയ ആത്മജ്ഞാനം തന്റെ നിശ്ചയം അവർക്കെന്താണ് അവരുടെ നിശ്ചയം ബ്രഹ്മസത്യം ജഗന്തിക്കുന്നത് ഇതാണ് അവരുടെ നിശ്ചയം ഇവരുടെ അവകാശവാദം അപ്പോ എന്താണ് സ്വന്ത ആഗ്രഹവും ഈ അദ്വനീയമായ അമ്മയാണ് കസ്തുപദേശം ഇതാർക്കുപദേശിക്കുന്ന പറയും അതൊന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്യം ജഗന്ധിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആചാര്യന്മാരെല്ലാം ഇവരാക്ക ഉപദേശിക്കും അത് ദേശീയത താരമ്പര്യങ്ങളും അടുത്ത പാരമ്പര്യം ഉപദേശ ഹേതു അനൂപത്തിൽ ഉപദേശിക്കുന്നതിനുള്ള ഹേതു അനുപന്നമാണെന്ന് പറഞ്ഞു കാരണങ്ങൊണ്ട് ഈ ബാധിത അനുമതി ഉപദേശി അംഗീകരിക്കുകയും വ്യവഹാരം എന്തുകൊണ്ട് അവിദ്യയും അവിദ്യാകാരിയുമായ ഭ്രമവും എല്ലാം മാറി വ്യവഹാരം മാറി മരുന്ന് രീതിയിലെ ഭ്രമം മാറി പിന്നെ അവരുടെ വണ്ണം കുഴങ്ങാൻ പോകത്തില്ല അന്ന് പറഞ്ഞു അതാ ഉപദേശിച്ച ഉപദേശിക്കുന്നവനും ഒരുത്തനും ഒരു അദ്വൈതിക്കും ഉപദേശിക്കാൻ പറ്റത്തില്ല ഉപദേശിച്ചതാ ഇതൊരു സാമ്പിൾ പഠിക്കണ്ടാണ് ഞാൻ കേട്ടത് ഇതങ്ങോട്ട് മൊത്തം ഇതുവരെ ഞാൻ വിശദീകരിക്കുന്നതുമില്ല നിങ്ങൾ ആരും സങ്കടപ്പെടുന്ന അദ്വൈക സങ്കടം വരുന്നത് ചെറിയ ഒരു ഭാഗമാണ് മൊത്തം പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കിടങ്ങി പോയി അദ്വൈതികളായിരുന്നു ഇതാനീന്ദനം നമ്മൾ പറഞ്ഞത് പരോപർഷ ഇതാനീന്ദനം എന്ന പരമ്പര ഇന്നത്തെ ഒരു പരമ്പര കേവലം ഈശ്വരകൃത പ്രഥമയോപദേശം അനുബന്ധ നിങ്ങൾ ഈ പറയുന്ന തത്വങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം അതിന്റെ ബാധ അനുകൂതിയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ഉപദേശിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് അവിത്തോ അധ്യത േ്യാദ്യ പറയോ ഉപദേശകൾ പ്രസിദ്ധീകരിക്കുന്നു നിങ്ങളെ ഈ സിദ്ധാന്തം നമ്മൾ ശരിക്കും സത്യസന്ധമായി ആത്മാർത്ഥമായി നിശ്ചയപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്താ പറ്റുന്നത് അദ്ധ്യതനോമി ഇന്നത്തെ കുമതി മഠപതി പരമ്പര ുമതി എന്ന് വെച്ചാൽ ദുർബുദ്ധികളായവർ മഠപതി പരമ്പര എന്ന് വെച്ചാൽ മഠാധിപതി പരമ്പര ഇത് ആരെ ഉദ്ദേശിക്കുന്നതെന്ന് തെളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ മഠ അതിലൊരു പരമ്പര വെച്ചോട്ട് അദ്വൈയ പരമ്പര ആയ ഇവരെന്താണ് ശിഷ്യ അന്ന മുക്ഷും വരയിലെ ഇവർ അന്നം തിന്നു വയറ് എന്താ അങ്ങനെ പറയാൻ കാരണം ഈ ശിഷ്യന്മാരുടെ അന്നൽ നിന്ന് വയറു നിറയ്ക്കുന്നവരല്ല ഏ ഇവര് ശിഷ്യന്മാരെന്ന് വെച്ചാ നിങ്ങളിപ്പോ മുട്ടയടിച്ചവരല്ല കാശുള്ള ശിഷ്യന്മാർ അവരുടെ കാശിൽ നിന്ന് വയറു നിറയ്ക്കുന്നവരാണെന്ന് പറയാനെന്താണ് അതായത് ഇവരെല്ലാം സർവകർമ്മ സന്യാസികളും കൃതാകൃത്യന്മാരുമാണ് നിങ്ങൾ പറയുന്നതാണ് ഇവർക്ക് ഒരു പണിയും ചെയ്യണ്ട ഇവര് ഇങ്ങനെ ഉപദേശിച്ചിട്ട് ഇവിടെ ചെലവൊക്കെ നടത്തുന്ന ആരാണ് ഏ ഗ്രഹസ്ഥ ശിഷ്യന്മാരാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ശിഷ്യ അന്ന കുക്ഷേ ശിഷ്യന്മാരുടെ അന്നം കൊണ്ട് കുക്ഷി നടക്കുന്നതിൽ നിങ്ങളീ പറയുന്ന സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ശിഷ്യാന്റെ ഭാവ അതൊക്കെ ശിഷ്യന്മാരെയും നടക്കുന്നത് ശിഷ്യനെ പണത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും പ്രായം ഉപയോഗിച്ചാലും പട്ടണികിടത്തിലെത്തും മഠാധിപന്മാരെല്ലാം എന്റെ ശങ്കരാചാര്യന്മാരെല്ലാം പട്ടിണി കിടന്ന് അദ്വൈതമാണ് ഇവർ ഉപദേശിക്കുകയാണെങ്കിൽ പട്ടണി കിടന്ന് ചാടും എന്ത് ആഹാരം ഇണങ്ങി എന്തെങ്കിലും പണിയെടുക്കും പണിയെടുത്താലേ വയറു നിറയത്തുള്ളൂ അല്ല ഇത് പറഞ്ഞാൽ നടക്കത്തല്ല ഇവർ പറയുന്നതനുസരിച്ച് പണിയെടുക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ബ്രഹ്മസത്യം ജഗന്മിക്കെ പണിയെടുക്ക ഇതൊക്കെ പറഞ്ഞ പോണത് ഇവിടെ പണിയെടുക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല വേറെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു പണിയില്ല കറങ്ങി കിടക്കുന്ന ഒരുപാട് അവർ പറയുന്ന എന്താണ് ബ്രഹ്മസത്യം ജഗന്മിക്കുക ഞങ്ങൾക്ക് പണിയില്ല ഞങ്ങളെല്ലാം കൃതകൃത്യരാണ് സന്യാസികർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിച്ച് ധരിക്കാ വ്യാധികം എന്താ പറയുക സന്യാസി ഉപദേശിക്കുന്നു വ്യാധികളൊക്കെ മുന്നോട്ട് കഴിഞ്ഞാൽ പദ്ധതികളൊന്നും മതിപ്പിക്കാം അതല്ലേ നമ്മുടെ ഒരാളും വിനോബ ബാവെ അദ്ദേഹം വലിയ ആസ്തികനായിരുന്നു അദ്ദേഹം അങ്ങനെ പിന്നെ അതുമാത്രമല്ല ഈ ജൈന ഭിക്ഷെല്ലാം ഒട്ടു വളരെ ആൾക്കാർ ഇതാണ് അവര് ചെയ്യുന്നു അവര് വലിയ തപസ്യകളാണ് അവർ ഈ അടുത്ത ഒരു ജൈന ഗുജറാത്ത് സമാധി വളരെ പ്രസിദ്ധ ഇത് എന്താണ് പാർലമെന്റിൽ നിയമസഭയിലൊക്കെ പോയിരിക്കുന്നവരാളാണ് അവസാന ശരീരത്തിന് അവശ്യകത വന്നപ്പോ എന്താണ് അവര് ജഗത് മിഥ്യും പറയുന്നവരാണ് പക്ഷേ വടക്കേങ്ങരത്തെ ഞങ്ങൾക്ക് പരിപാടി അധ്വരം ജഗത് മിഥ്യന്നൊക്കെ പറയുന്നവർ അവസാനം എന്താണ് മരിക്കാറാവുന്ന ജില്ലയിൽ കിട്ടുമോ ലഡ് കിട്ടുമോ സമോസയുണ്ടോ ഇത് കഥ പറയുന്നതല്ലോ ഒരു സാമി ചോദിച്ചുണ്ട് സമോസ കഴിച്ചാൽ കൊള്ളാറുണ്ട് അതുവരെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണ് ജഗത്തി എന്നാണ് അവസാനമായിട്ട് വരുന്നൊരു സമൂഹ കഴിച്ചാൽ കൊള്ളാറ് കഥ പറഞ്ഞ് തമാശ പറഞ്ഞ കാശീൽ വെച്ച് ഒരു സംഭവം അസമയം മാധന വളരെ വൈരാഗ്യങ്ങളാണ് അവരൊരു കാര്യം തീരുമാനിച്ചു മാറത്തല്ല അവര് പട്ടു കിടന്നതെന്ന് വരും അവർക്ക് വെള്ളം കുടിക്കണമെന്നുള്ള താല്പര്യം അവരും വരത്തരുത് കാരണം അതവരുടെ ശീലമാണ് ഇവിടെ ഈ അദ്വീകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെ ഭയങ്കര അദ്വീക പറഞ്ഞിട്ട് ശിഷ്യ അന്നമക്ഷം പരന്മാരാണ് ശിക്ഷന്മാരുടെ അന്നം പിന്നെ <laughs> <laughs> ¿Mm? മറുപടി പറയാ പറയുന്നുള്ളേ പറയുന്ന പര വാർത്ത അതെ സമാധി ആ സമാധി സമാധി പറഞ്ഞാൽ തന്നെ ആരും ചെയ്യുന്നില്ലല്ലോ സമാധിയെ കുറിച്ച് എഴുതിയിട്ടുള്ള അദ്വൈതാചാര്യന്മാരേ ഉള്ളു വിദ്യാർണ്യസ്വാമിയും എല്ലാവരും ഇവര് മുഴുവൻ എന്താണ് സമാധിയെ കുറിച്ച് എഴുതിയിട്ടേ ഉള്ളൂ അല്ല ഇവരും സമാധിക്കു പോയിട്ടില്ല എന്തുകൊണ്ട് സമാധിക്ക് പോയാണ്ട് അത് അത് മനസ്സിലാക്കാൻ പോകുന്നത് സമാധി പരിശോധിക്കുന്നങ്ങനെ അജ്ഞാന ഉപദേശപക്ഷ അനുഭവം എന്താണോ അറിയാത്ത കാര്യം ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് സ്വനിശ്ചയായി ആത്മജ്ഞാനം ഇവർക്ക് ആത്മജ്ഞാനത്തിന് നല്ല നിശ്ചയമല്ല മറ്റുള്ളവർക്ക് ഉപദേശിക്കാം അതുകൊണ്ടാണ് നമ്മളെ സ്വനിശ്ചയൊന്നും അറിയാതെ ഉപദേശിക്കാൻ പറ്റില്ല അതുകൊണ്ട് അറിയുന്നത് തന്നെയാണ് ഉപദേശിക്കുന്നത് ഇനി പറയുന്ന ഈ ഗുരുവിനെ ശിഷ്യനെ കുറിച്ചാണ് ഗുരുവിന്റെ കാര്യങ്ങൾ പറയാം ആദ്യ ഗുരുവിന്റെ വിഷയതുകൊണ്ട് പറയണം എന്താണ് ഇവര് അനുപലബ്ധാർത്ഥ ഇവർ പറയുന്ന വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തവരല്ല മനസ്സിലായത് ഈ ഗുരുക്കന്മാരെ കുറിച്ച് പറയണം നാഭി സന്ദിഗ്ധാർത്ഥ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് സന്ദേഹവും ഇല്ല നാഭി ഹിപ്രലംബകഹ ഇവരാരും മറ്റുള്ളവരെ പറ്റിക്കുന്നതിലും അല്ല വഞ്ചിക്കാൻ വേണ്ടി പറയുന്നു എന്നൊക്കെ പരോക്ഷ അനുവാദമാണ് ഇവർക്കെന്ത നിശ്ചയൊന്നുമില്ല അവിടുന്ന് ഇവിടെ നോക്കുമ്പോൾ മതപ്രഭാഷണത്തിന് കേട്ടിട്ട് അതുപോലെ ടേപ്പർക്കാടിലൂടെ പറയുന്നു എന്ന് പറയാനും പറ്റത്തില്ല നാവേ ബാല ഉന്മത്താധിപത് യഥോപനതം ചെൽപ്പാക്കാണോ കാരണം ഇവർ നിശ്ചയമുള്ള കാര്യം പറയുന്ന പറയുന്നതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളാണ് മത്സരിച്ച് ആണെന്ന് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവരെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വേറൊരു കൂട്ടനുമുണ്ട് അവര് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും അവരെ ഉന്മക്കന്മാരെന്ന് പറഞ്ഞു അപ്പൊ ഇവരതുപോലെയല്ല എന്തുകൊണ്ട് ഇവര് സ്വയം തന്നെ ഞാൻ അദ്വൈതത്തിൽ നല്ല നിശ്ചയമാണെന്ന് അങ്ങനെ നിശ്ചയമുള്ളൂ അങ്ങനെ ഉപദേശിക്കും ആർക്കുപദേശിക്കും എന്നാണ് ചോദിക്കുന്നത് അല്ല ഈ പറയുന്ന ഏതെങ്കിലും ഗ്രൂപ്പിലാണെങ്കിൽ ഇവർക്ക് ഉപദേശിക്കാൻ കുഴപ്പമൊന്നുമില്ല അതവര് സമ്മതിക്കും ഇവർക്ക് ഉന്മാദമുണ്ട് അങ്ങനെ എന്ത് ചെയ്യാം നമ്മൾ ഉന്മാദമുള്ള ആൾക്കാർ വഴിയിൽ പോകുന്നവരെയൊക്കെ പിടിച്ചു ചേർത്തി ഉപദേശിക്കും ആത്മീയത അടിച്ചിരികും അതിന്റെ പോകുന്നവരെ ചെല്ലും നിലനിന്ന് അല്പം ഉപദേശിക്കാം ഇവിടത്തെ കേട്ടിട്ടു പോവും ഇവര് ഫ്രീ ആയിട്ട് സംഭാവനയായിട്ട് കൊണ്ടുവന്നു അവർക്ക് ഉപദേശിച്ച ഇടങ്ങും അത് അത് ഉന്മാദത്തിന്റെ ഒരു ചെറിയ ലക്ഷണം ഇവരങ്ങനെ അല്ലല്ലോ ആന്ന് പറയുന്നത് നാം ഈ ബാല ഉന്മക്കാരി കുഞ്ഞുങ്ങളെ പോലെ മനസ്സിനെ സംബന്ധിച്ചത് പോലെ യഥോവലതം ജൽപ്പാകാകാം വായി തോന്നിയത് വിളിച്ചു പറയുന്നത് അല്ല അദ്വൈതികൾ അങ്ങനെയൊന്നും വരല്ല ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലെന്നാണ് പറയുന്നത് കളിയാക്കലാണ് മനസ്സിലായോ നിങ്ങളീ പറയുന്ന അദ്വയ അദ്വൈതികൾ ഇതിലെളിൻ കൂട്ടത്തിലായെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സഹിക്കാം പക്ഷെ നിങ്ങളാര ഈ കൂട്ടത്തിൽ പെടുന്നവരല്ലോ അല്ലാത്തുകൊണ്ട് നിങ്ങൾ അദ്വൈതത്തിന് വലിയ നിശ്ചയമാണെങ്കിൽ ഇവിടെ ഇദ്ദേഹം പറയണെങ്കിൽ ഞങ്ങൾ പറയുന്നതിനൊക്കെ സമാനം പറയണം നിങ്ങൾ ആർക്കും ഉദ്ദേശിക്കും ഏത് അർജുനനും ഉപദേശിച്ചില്ല ഏത് ശിഷ്യനുപദേശിച്ചു അത് നടക്കില്ലെന്നാ പറയ ആർക്കും ഉപദേശിക്കും എന്നിട്ട് ചോദിക്കണം ഇത് ഏകദേശം നമ്മുടെ എന്താണ് ദേഹത്തിന്റെ ചോദ്യങ്ങളെല്ലാം സ്ഥിതി മോഡലാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് ചിലർക്കൊന്നും ഇത് മനസ്സിലാകത്ത മനസ്സിലാവും അത്ര സ്വസ്മ പരസ്മൈ വ്യന്നതയാത്ര സത്യതായ നിർതായ പരസ്മൈയ താത്വിക അതാത്വികത്മകത്തെ വികല് പ്രേ തരം പൂർവചോദ്യം ചോദ്യം അദ്വൈതികളോട് മിഠാരിക നിങ്ങൾ ആരോടാണ് ഉപദേശിക്കുന്നത് ഈ പറയുന്ന ആരോടെങ്കിലും ആണോ പറയുക ഇത് കേൾക്കുമ്പം തന്നെ എന്തെയും അദ്വൈതിക്ക് തലകളും ഇത് മനസ്സിലാക്കണ്ടേ യുവജ്ഞാൻ മനസ്സിലായി ഒരുപാട് യുവതികളാണ് ഒരു പരമ്പരയായി ചോദിക്കുക ഈ അദ്വൈതി ആരെയോ ഉപദേശിക്കും ഇതിന്റെ ഏതുത്തരം പറഞ്ഞാലും ശരി ഉത്തരം എന്തായിരിക്കും നിങ്ങളിൽ പറയുന്ന പോലെ ബാധ്യത അനുവർത്തി സ്വീകരിക്കുകയാണെങ്കിൽ പ്രപഞ്ചവും പറയുന്ന മരുമരീയുക പോലെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഉപദേശിക്കാൻ ഒരു മനുഷ്യനും കാണത്തില്ല തനിയേ ഇരുന്നു എല്ലാം അതാണ് നിങ്ങളുടെ അന്തീതത്തിന്റെ പോരായ്മ എന്ന് പറഞ്ഞ് എന്താണ് അദ്വൈതത്തെ വിമർശിക്കുന്നു അദ്വൈതത്തെ വിമർശിക്കുന്നതിന് ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ നിങ്ങള് എന്താണല്ലോ അത് ഞാൻ വിമർശിക്കുന്നതെന്ന് ധരിച്ചുള്ളത് അങ്ങനെ ധരിച്ചല്ലോ ഇത് എന്താണ് രാമാനിക ആചാര്യത വിമർശിക്കുന്നത് അത് ഞാൻ പറയുന്നു എന്നുള്ളതേ ഞാൻ അദ്വൈതത്തെ വിമർശിക്കുന്നു അങ്ങനെ തിരിക്കരുത് അപ്പോ ഇങ്ങനെയും ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ പിന്നെ ഒരു എന്തായാലും മനസ്സിലായിരിക്കും നമ്മൾ ആരുടെ പക്ഷത്തേക്കും സങ്കരായരുടെ പക്ഷത്തേക്കും അതേ രാമാനുജാചാര്യരുടെ പക്ഷത്തേക്കും ആരുടെ പക്ഷത്തേക്കും കേട്ടിടത്തോളം ഏ അങ്ങനെ അവരവരുടെ പക്ഷത്തു നിന്നും അവരവർക്ക് ഇഷ്ടമുള്ള പക്ഷം അവരവർക്ക് ഇഷ്ടമുള്ള പക്ഷത്തു പിന്നെ ഏതു പക്ഷത്ത് നിന്നാലും ശരി ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയും